താങ്കൾ ക്യൂവിലാണ് ദയവായി കാത്തിരിക്കുക സതീഷ് ചന്ദ്രൻ എഴുതിയ നാടകം പങ്കെടുക്കുന്നവർ എസ് ജഗന്നാഥൻ പി സി സോമൻ മുടവൻമുകൾ കൃഷ്ണൻകുട്ടി ജി നന്ദകുമാർ ജി ശ്രീറാം പി തങ്കച്ചൻ പല്ലനക്കമലൻ കാലടി ഓമന എസ് ശ്രീകല ഷൈല സലീം മേരിക്കുട്ടി ചാക്കോ എസ് സുരേഷ് കുമാർ താങ്കൾ ക്യൂവിലാണ് ദയവായി കാത്തിരിക്കുക ഹലോ ഇത് ആകാശവാണിയല്ലേ അതെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണോ അതെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ് ഡോക്ടറാണ് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഉഷയാണ് ഏ ഉഷയുടെ ശബ്ദം എന്താ അയ്യോ സോറി ഡോക്ടർ ഞാൻ ഉഷയുടെ അച്ഛനാണ് ഉഷയുടെ പ്രശ്നം പറയാനാണ് വിളിച്ചത് പറഞ്ഞോളൂ ഉഷയുടെ അച്ഛനാണോ ആ കുട്ടിയുടെ പ്രശ്നം അല്ലല്ല ടെലിഫോണാണ് പ്രശ്നം ആ അതാണ് പ്രശ്നമെങ്കിൽ ടെലിഫോൺ വകുപ്പിൽ വിളിച്ച് പരാതിപ്പെടണം ഏ അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ല എങ്കിൽ ഫോൺ അങ്ങ് ഡിസ്കണക്ട് ചെയ്യണം എന്റെ മകള് ടെലിഫോൺ വരെ കെട്ടിത്തൂങ്ങിച്ചാകും ആ അത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറുടെ ആവശ്യം വേണ്ടി ഹലോ ഇത് ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണോ അതോ വല്ല കോമഡി പരിപാടിയാണോ നോക്കൂ മിസ്റ്റർ മിസ്റ്റർ ആ പേര് പറഞ്ഞില്ലല്ലോ പറഞ്ഞല്ലോ ഉഷ അത് മകളെന്നല്ലേ പറഞ്ഞത് പറഞ്ഞതല്ല മകള് തന്നെ എന്റെ പേര് പി നല്ല പേര് ഈ പിടെ കൂടെ എന്തെങ്കിലും ഉണ്ടോ ഫോർ എക്സാമ്പിൾ ഓല പി എന്നോ ഡോക്ടറെ പേര് പി പ്രഭാകരൻ ആയിരുന്ന നാട്ടുകാർക്ക് മുഴുവനായി വിളിക്കാനുള്ള പ്രയാസം കൊണ്ടാ പിന്നെ വിളിക്കുന്നത് മകളുടെ പ്രശ്നം പറയൂ ചുരുക്കി പറയണം ധാരാളം ശ്രോതാക്കൾ വിളിക്കാൻ കാത്തിരിക്കുകയാണ് ഡോക്ടർ എന്റെ മകളെ രക്ഷിച്ചേ പറ്റൂ ഐ വിൽ ട്രൈ അതെ മകളുടെ പ്രായം എന്തുണ്ട് അതറിഞ്ഞിട്ട് എന്താ കാര്യം അറിയണമല്ലോ എന്നാലേ രക്ഷിക്കാൻ പറ്റുമോ എന്ന് പറയാനൊക്കൂ ഒരു അത് തന്നെയാണ് പറഞ്ഞത് ഒരു കൃത്യമായി പറഞ്ഞാൽ അസുഖം അല്പമെങ്കിലും കുറയുമോ കുറഞ്ഞേക്കാം സത്യം പറ ഡോക്ടറെ നിങ്ങൾ എം ബി ഡോക്ടറാണോ അതോ ഡോക്ടറേറ്റ് എടുത്ത ഏതെങ്കിലും ജോൽസ്യനാണോ മാന്യ ശ്രോതാവ് ശുഭത്തിനാകാതെ കാര്യം പറയൂ സമയം പോകുന്നു ചുരുക്കി പറയണം എന്റെ മോൾ ഉഷയ്ക്ക് എപ്പോഴും കൈട്ടെലി ഫോൺ വേണം ആരെയെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കണം ആരെങ്കിലും എന്ന് പറഞ്ഞാൽ കൂട്ടുകാരാണോ ബന്ധുക്കളാണോ അതോ അങ്ങനെയൊന്നുമില്ല ആരായാലും മതി ഫോണിലൂടെ ഇരുപത്തിനാല് മണിക്കൂർ സംസാരിക്കണം ആരെയും കിട്ടിയില്ലെങ്കിൽ അവളെ ഏതെങ്കിലും ടി ചാനലിൽ കയറി വിളിച്ചു കളയും പാട്ട് കേൾക്കാം പ്രശ്നമേ ഉള്ളൂ ഇപ്പോൾ ഉറക്കത്തിന് അവൾക്ക് കൈ ടെലിഫോൺ വേണം ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ആയാൽ എന്റെ പൊന്ന് ഡോക്ടറെ എന്റെ മോളെ ഈ ടെലിഫോൺ രോഗത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കണം നോക്കാം എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മകളെ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് കൊണ്ടുപോയി നല്ലതുപോലെ ചെക്കപ്പ് നടന്നു ഡോക്ടറെ അങ്ങനെ പറയരുത് ഒരു പെൺകുട്ടിയെ മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് കൊണ്ടുപോയി എന്ന് ജനം അറിഞ്ഞാൽ ഡോക്ടർ തന്നെ സഹായിക്കണം കാശ് എനിക്കൊരു പ്രശ്നമേ അല്ല എത്ര വേണമെങ്കിലും ചെലവാക്കാം ആണോ ഓ പിന്നെ മനഃശാസ്ത്രജ്ഞന്റെ അടുത്തൊന്നും വേണ്ട എന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നാൽ മതി ാണ് പ്രശ്നം അയ്യോർക്കുന്നില്ലേ എന്റെ മകൾക്ക് ഈ രണ്ടു പേരിൽ ആരാണ് മകൾ ഇതാണ് മകൾ ഉഷ ഞാനാ പക്ഷേ കണ്ടാ സിസ്റ്റേഴ്സാണെന്നേ തോന്നു െ എനിക്ക് നിങ്ങൾക്ക് രണ്ട് ചോദ്യം ചോദിക്കാം ഫീസ് നൂറ്റി അൻപത് രൂപാമൊരു ചോദ്യം കൂടി വേറെ രൂപ ആ ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം ആദ്യത്തെ ചോദ്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു ഈ ഡോക്ടർ കാണിക്കുന്നത് അപ്പോഴേ ഒരു സംശയം ഇതിലാരോക്ടർ ഞാനാ ചിത്രസേന ഇതെന്റെ മകൻ സുരേഷ് ഡോക്ടർ ഞാനാണ് അന്ന് ഫോൺ ചെയ്തിരുന്ന പി പി പെണ്ണുങ്ങളുടെ അച്ഛനും നോക്കിയാ മതി പറയൂ എന്താ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല ഡോക്ടർ വീട്ടില് രണ്ട് ഫോൺ ഉണ്ട് ഒന്ന് അച്ഛന്റെ മുറിയിൽ ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കും ും പിന്നെ അച്ഛൻ തന്നെ ഫോൺ ചെയ്യാൻ എത്ര സമയം കിട്ടുമെന്ന് എന്റെ കൂട്ടുകാരോട് ഓഫീസിലെ ഫ്രണ്ട്സ് കൂടെ പഠിച്ച കൂട്ടുകാർ പിന്നെ പിന്നെ പിന്നെ ിലും റേഡിയോയിലും ഒക്കെ ഫോണിലൂടെ എന്തെല്ലാം പരിപാടികളുണ്ടോ അതിലെല്ലാം അത് കുറ്റമാണോ ഡോക്ടർ റേഡിയോ ഹലോ ഇഷ്ടദാനം പരിപാടി കേട്ടിട്ടുണ്ടോ ഞാൻ എല്ലാ ആഴ്ചയും വിളിച്ച് പാട്ട് ആവശ്യപ്പെടും അവർക്കിപ്പോ എന്റെ പേര് നല്ല പരിചയമാ രാത്രി മുഴുവന് വരുന്ന് ടി വിളിയ എന്തോ ചെരുപ്പും കൊടയും സ്വർണമൊക്കെ കിട്ടുമെന്നാ എവള് പറയുന്നത് ശരിയാ ഡോക്ടറെ ഇവക്ക് ഇതുവരെ മുപ്പത്തിരണ്ട് ചെരുപ്പും ഇരുപത്തിമൂന്ന് കൊടയും കിട്ടി ഭാഗ്യവരി ദിവസവും കുത്തിയിരുന്ന് വിളിച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു പിണ്ണാക്കും കിട്ടിയില്ല നിനക്കിപ്പൊ കാശിന്റെ ആവശ്യം അറിഞ്ഞാലേ തരുള്ളൂ അമ്പതിനായിരം രൂപ ഒറ്റയടിക്ക് വേണമെങ്കിൽ അറിഞ്ഞേ പറ്റൂ എങ്കിൽ പിന്നെ പറയാം ഇതേ നമ്മുടെ മോന്റെ ആവശ്യത്തിന് അവനും ചോദിച്ചുകൂടെ ഓ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ തരാൻ പറ്റുമോ പറ്റും പക്ഷേ ഇപ്പൊ ഇത്രയും കാശ് എന്തിനാണെന്ന് അറിയണം എടാ ചന്ദ്രകുട്ടി എന്തോ നീ തന്നെ വന്ന് നിന്റെ അച്ഛനോട് പറ അത് ശരി ഇവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നു അതെ അച്ഛ അത് ഞങ്ങൾക്ക് ഊട്ടി വരെ ഒന്ന് പോകാനാ ഞന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഭാര്യ ചന്ദ്രമതിയും ചന്ദ്രനും ചന്ദ്രമതിയും കൂടെ എന്തിനാണാവോ ഊട്ടിക്ക് അച്ഛാ ചന്ദ്രമതിക്ക് ഊട്ടിയിലെ ഫ്ലവർ ഷോ കാണമെന്ന് അവളുടെ ഒരു ആഗ്രഹമല്ലേ അച്ഛാ പോട്ടെന്നേ നമ്മൾ ഈ കാശൊക്കെ ഉണ്ടാക്കുന്ന ആർക്ക് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രമല്ലോ അച്ഛാ ഉഷയ്ക്ക് ജോലിയുണ്ടല്ലോ അച്ഛ നിനക്കും ഉണ്ടല്ലോ ഒരു ജോലി ഭർത്താവ് ഉദ്യോഗം അച്ഛൻ ഇത്രയും കാശും സ്വത്തുമുള്ള ആളാകുമ്പോ ഞാൻ ജോലിക്ക് പോകുന്നത് അച്ഛനെ നാണക്കേടല്ലേ അച്ഛാ നിന്നപ്പോലൊരു പെൺകോന്റെ മോനുണ്ടെന്ന് പറയുന്നതിലും വലിയ നാണക്കേടൊന്നും അല്ലാതെല്ലാം കൊള്ളാം എന്റെ ചന്ദ്രൻകുട്ടിയെ പെൺകോന്നിനെ വിളിച്ചാലുണ്ടല്ലോ ഓ എത്തിയല്ലോ പ്രിയപ്പെട്ട ഭർത്താവിനെ സഹായിക്കേ എന്റെ ചന്ദ്രൻകുട്ടിയെ സഹായിക്കാൻ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത് ുട്ടി അതെ ചന്ദ്രമതി കുട്ടി എനിക്ക് നീയും നിനക്ക് ഞാനും ചന്ദ്രമതി കേട്ടിട്ടുണ്ടോ നമുക്ക് എന്ന പിന്നെ തേക്കാം ഊട്ടിയിൽ പോകുന്ന കാര്യം എന്തായി ശരിയാണല്ലോ അച്ഛാ അതെന്തായി എന്തോന്ന് ഊട്ടി പോകുന്ന കാര്യം ഞാൻ വരുന്നില്ല ഊട്ടിയില് കോമടി അച്ഛ ഞാനൊരു അമ്പതിനായിരം രൂപയുടെ കാര്യം അമ്മയോട് പറഞ്ഞിരുന്നു ഞാനത് നിന്റെ അച്ഛന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി എത്ര വർഷം എടുക്കും ഒന്ന് അനുവദിച്ചു കിട്ടാൻ അനുവദിച്ചിരിക്കുന്നു ചെക്കാണോ അതോ കാശോ ചന്ദ്രൻകുട്ടി നീ ഒരു മൺമട്ടിയും എടുത്ത് വീടിന്റെ പുറം വശത്ത് നിന്ന് കുഴിച്ചെടുത്തു അച്ഛാ അതിനിപ്പം രാവിലെ മൺമട്ടിക്ക് പോകും ഓ ഇത് പെൺകോന്തന അല്ല വെറും കോന്തന ചന്ദ്രൻകുട്ടി അച്ഛൻ നമ്മളെ കളിയാക്കിയതാ ആണോ അച്ഛ എങ്കിൽ ഞാൻ ശക്തിയായി പ്രതിഷേധിക്കുന്നു ഓ എന്തൊരു ശക്തി പ്രതിഷേധത്തിന് ഈ പിടെ കയ്യിൽ നിന്ന് കറങ്ങാനായിട്ടൊരു നയാ പൈസ കിട്ടില്ല കിട്ടില്ലെന്ന് ഉറപ്പാണോ എന്നാ പിന്നെ ഊട്ടിയിൽ പോകണ്ട ചന്ദ്രമതി നമുക്ക് ശംഖുമുഖം ബേച്ചിൽ പോകാം മീൻ പിടിക്കാൻ അല്ലെങ്കിൽ കാഴ്ച ബംഗ്ലാവിൽ വേണ്ട വേണ്ട മൂന്ന് നാല് കൂടുണ്ടാക്കി ഇവിടെ തന്നെ വെച്ചാൽ മതി എങ്കിലാത് മതി എന്തിനാടാ രണ്ടച്ഛന അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ദിവസവും നീ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടല്ലോ ഇന്നെന്താ ഒരു കാര്യമാക്കി കളഞ്ഞത് ഇത്യസാ സീരിയസ് ആയ എന്ത് അസുഖവും ചികിത്സിക്കാനല്ലേതാ ഈ ഡോക്ടർ ഇരിക്കുന്നത് എന്നാ അസുഖം ഒന്ന് ചികിത്സിച്ചു ചികിത്സിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഡോക്ടർ ചിത്രസേനൻ ചികിത്സിച്ചിരിക്കും ശരി ഡോക്ടർ അച്ഛാസ്കോപ്പ് എടുത്തെ എടുത്തു എന്റെ നെഞ്ചത്തൊന്ന് വച്ച നോക്കിയാച്ചാ ആ നോക്കി എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ല എന്റെ ഹൃദയത്തിന്റെ ചാക്ക് പോലത്തെ ഈ സത്തിന്റെ പുറത്ത് സെറസ്കോപ്പ് വെച്ചാൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുമോ ആ അതിരിക്കട്ടെ നിന്റെ ഹൃദയത്തിന് ഇപ്പൊ എന്തു പറ്റി അച്ഛാ എന്റെ എന്റെ ഹൃദയം േ ഒരു പെൺകുട്ടിയും അവളുടെ അച്ഛനും എന്ന് കാണാൻ വന്നു ഏത് പെൺകുട്ടി അവളുടെ ഏതച്ചൻ ഇപ്പോഴും ടെലിഫോൺ ഉപയോഗിക്കുന്ന ഒരു ഓ നമ്മുടെ മകൾ അതെ പെൺകുട്ടികളൊന്നും ഫോൺ ചെയ്യുന്നില്ലല്ലോ ഈ എടാ ഫോൺ ചെയ്യാം പറ്റിയ കക്ഷി എടാ എന്റെ ആയകാലത്തെ അച്ചാ മതി മതി പഴയ ചരിത്രമൊക്കെ ഞാൻ എത്ര തവണ കേട്ടതാ എന്റെ ഡിമാൻഡിനെ കുറിച്ച് അച്ഛ എന്തു പറയുന്നു അതിന് നീ ഡിമാൻഡ്സ് ഒന്നും പറ്റില്ലല്ലോ നിന്റെ ഡിമാൻഡ്സ് കേട്ട ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കാം ഇതിൽ ചർച്ചിക്കാൻ ഒന്നുമില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്തോന്ന് അവളെ കെട്ടാൻ ആ ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്നാലും ഞാൻ അവളെ കെട്ടും രണ്ടിനെയും ഞാൻ ഈ വീട്ടിൽ കയറ്റിയില്ലെങ്കിലോ ഞാൻ അവളുടെ വീട്ടിൽ താമസിക്കും തീർച്ചയാണ് ആ തീർച്ച അവര് സമ്മതിക്കും ഉറപ്പ് സമ്മതിക്കും ഉറപ്പാണോ ആ ഉറപ്പാ എടാ എല്ലാവരും സമ്മതിച്ചെങ്കിൽ പിന്നെ ഞാൻ മാത്രം എന്തിനാടാ സമ്മതിക്കാതിരിക്കുന്നത് നമുക്ക് അവളെ കെട്ടിക്കളയാ എനിക്കൊരു ഡിമാൻഡുണ്ട് സ്ത്രീധനത്തിന്റെ കാര്യം വലുതാണെങ്കിൽ അച്ഛൻ അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി അതല്ലടാ അവളും നീയും കൂടി ഇവിടെയാണ് താമസിക്കുന്നത് ഇവിടത്തെ ടെലിഫോൺ ബില്ല് അവളടക്കണം എന്നാലും എന്റെ രാഹുല നമ്മൾ ആരും അറിയാതെ തന്നെ ഉഷ കല്യാണം ഉറപ്പിച്ചു മധു ഉഷ ഉറപ്പിച്ചതല്ല അച്ഛനും ബന്ധുക്കളും എല്ലാം ചേർന്ന് ഉറപ്പിച്ചതാ എന്നാലും ഓഫീസിലുള്ളവരെ ഒന്നും അറിയിക്കാമായിരുന്നു എന്നിട്ട് വേണം പാര പണിയാൻ അല്ലെങ്കിൽ ഉറപ്പിച്ചു എന്നറിഞ്ഞത് മുതൽ ഊടും ഉറക്കവും ഉപേക്ഷിച്ച് നടക്കുക ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നേരം തന്നെ വിഷയോട് തുറന്ന് പറഞ്ഞേനെ നിനക്കെങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ആളിനെ രാഹുലിനെ കിട്ടില്ല ഞാൻ പേപ്പർ പരസ്യം ചെയ്യാൻ പോവുക സുമുഖനും സുന്ദരനും എല്ലാം വരുന്നത് എനിക്കായിരിക്കും മാത്രം അഞ്ചു ലക്ഷം രൂപയും Oh. <laughs> आ, <laughs> आ, oh. െ തന്നെ കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉഷയ്ക്ക് കിട്ടിയല്ലോ എന്നാണ് അതെന്താ പേര് സുരേഷ് ബാങ്കിൽ ജോലിയുള്ള കക്ഷിയായത് നന്നായി ഉഷയുടെ ഫോൺ ബില്ല് അടയ്ക്കാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാമല്ലോ തമാശകളാ ും കല്യാണത്തിന് എനിക്ക് എന്ത് പ്രസന്റ തരുന്നത് ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ മിക്സി ആയാലോ അത് വേണ്ട മഹാറ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളോട് കല്യാണം നടക്കുമ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങി തരണ്ടല്ലോ അല്ല ഉഷിക്ക് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്താ സാധനം ഒരു മൊബൈൽ ഫോൺ ഹലോ ഹലോ ായിരിക്കണമല്ലോ ഇല്ല ഞാൻ ലീവെടുത്ത് വിളിക്കുകയാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് അച്ഛൻ അമ്മ ചേട്ടൻ അത് ശരി അപ്പൊക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ഈ പാട്ട് അല്ലെ അതെ പാട്ട് കേൾപ്പിക്കാമോ തീർച്ചയായും ആ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഉഷയ്ക്ക് ഒരു സമ്മാനമുണ്ട് ചോദിക്കട്ടെ പ്രശസ്ത സാഹിത്യകാരൻ തകഴി ശിവശങ്കര ജന്മനാട് ഏതാണ് ഉഷയ്ക്ക് ഞാൻ മൂന്ന് ഓപ്ഷൻ തരാം എ തകഴി ബി എറണാകുളം സി തിരുവനന്തപുരം ഒരിക്കൽ കൂടി ചോദിക്കാമോ പിന്നെന്താ കേട്ടോളൂ പ്രശസ്ത സാഹിത്യകാരൻ തകഴി ശിവശങ്കര ജന്മനാട് ഏതാണ് തകഴി എറണാകുളം തിരുവനന്തപുരം പിന്നെ ഇതിന് ആ സ്ഥലത്തിന്റെ പേരിൽ തെറ്റിപ്പോയല്ലോ തകഴിയല്ലേ ശരി ഉത്തരം തിരുവനന്തപുരത്തിലും തായുണ്ടല്ലോ അയ്യോ അത് താ അല്ല തീയാണ് ആ സാരമില്ല ഉഷ കോൾ കണക്ട് ചെയ്ത് കിട്ടിയതിന് ഒരു സമ്മാനമുണ്ട് എന്താണ് ആ ഞങ്ങൾ പറയുന്ന ഐസ്ക്രീം പാർലറിൽ നിന്ന് നൂറ് രൂപയുടെ ഐസ്ക്രീം ഒറ്റയടിക്ക് കഴിച്ചാൽ വയറുവേദന ഉണ്ടാകാതിരിക്കാനുള്ള പത്ത് ഗുളിക ഫ്രീ ആയിട്ട് കിട്ടും ആ വരണോ ഡോക്ടർ കുറച്ചു ദിവസമായി കാണാത്തത് കൊണ്ട് അടിച്ചോ ഞാൻ ഈ ബന്ധുക്കളെയും അങ്ങ് മറന്നു അതങ്ങനെ ഇന്ന് അവധിയാണോ അതെ ഇന്ന് മാത്രമല്ല ഇനി കല്യാണവും ഊരുചുറ്റിലും കഴിഞ്ഞേ പോകുന്നുള്ളൂ ഹലോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഞാനാണ് ഉഷയുടെ ചേട്ടൻ ചന്ദ്രൻകുട്ടി ഇത് എന്റെ ഭാര്യ ചന്ദ്രമതി എന്താ കല്യാണത്തിന് മുമ്പുള്ള വരവിന്റെ ഉദ്ദേശം ആരും പറയാതെ കഴിഞ്ഞ് കണ്ടാൽ പോരെ ഇവിടുത്തെ ഞാൻ പോരാ ഞാനും കൂടി തീരുമാനിക്കണം കല്യാണത്തിന് മുമ്പ് പയ്യൻ ഇവിടെ കയറി ഇറങ്ങുന്നത് എനിക്കിഷ്ടമല്ല ചന്ദ്രൻകുട്ടി എനിക്കൊന്നും ഇഷ്ടമല്ല ഞാൻ കൂടി എന്റെ എന്നെ കാണാൻ നിങ്ങൾ ചന്ദ്രൻകുട്ടി അതിപ്പം കല്യാണത്തിന് ശേഷം നമ്മൾ ധാരാളം കാണുന്നില്ലേ ചന്ദ്രമതി അച്ഛമുണ്ടാവേ വിവരമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഉം ആർക്കാ വിവര കേട് നിനക്ക് നിനക്ക് തന്നെ ഇനി ഒരു അക്ഷരം ആയിട്ട് ഞാനിത് സഹിക്കുന്നുണ്ട് നിനക്ക് ഈ കോന്തന്റെ കൂടെ താമസിക്കേണ്ടി വരില്ലായിരുന്നു കേട്ടു ചന്ദ്രൻകുട്ടി നിങ്ങളെ കോന്തൻ വിളിച്ചത് കേട്ടു എന്നിട്ട് എന്താ മിണ്ടാതിരിക്കുന്നത് ഞാനൊരു കോന്തനായതുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മകനാണോ ഞാൻ എന്തും പറയും ചേച്ചി ഒന്ന് അടങ്ങ അടങ്ങണമെങ്കിലേ ചന്ദ്രമതി വീണ്ടും ജനിക്കേണ്ടി വരും ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല നിങ്ങൾ വരുന്നോ എന്റെ കൂടെ ഇല്ല ഏ േ കേറിനിക്കുഷയമായി ചേട്ടാ ഇനി എന്നെ കൊന്നിരുന്നു വിളിക്കുമോ സ്നേഹം കൊണ്ടല്ലേടാ നിന്നെ അങ്ങനെ വിളിച്ചത് നിങ്ങൾ തന്നെയാണ് ഇവന്റെ അച്ഛൻ Thank you, thank you. Hello. Hello? Hello? Double nine, double zero, double nine, all right? Uh, That's it. Cheta, what is this? Sorry, wrong number. I'm going to go to the house. ഹലോ ഹലോ ചേട്ടാണെന്ന് എനിക്കല്ലേ അറിയാവൂ നേരത്തെ വിളിച്ചപ്പോൾ എന്തിനാ റോങ് നമ്പർ എന്ന് പറഞ്ഞു ഫോൺ താഴെ വെച്ചത് റോങ് കൊച്ചേ വിളിച്ചത് ചേട്ടാ വേല മനസ്സിലിരിക്കട്ടെ എന്നെ കളിപ്പിക്കാൻ ഒന്നും നോക്കണ്ട പിന്നെ ഒരു കാര്യം ചോദിക്കാനാ വിളിച്ചത് ആലോചിച്ച് മറുപടി പറയണം എന്നെ എവിടെയാ കൊണ്ടുപോകുന്നത് ഒന്നുകിൽ കുടയ്ക്കനാൽ അല്ലെങ്കിൽ എനിക്കിഷ്ടവും ഊട്ടിയാണോ എനിക്ക് കന്യാകുമാരിയാ ഇഷ്ടം എന്താ വരുന്നോണിന്മാശ കളഞ്ഞു മര്യാദക്ക് പറഞ്ഞോ നീ ആരാടിക്ക് ഒച്ചെ കൊറേ നേരമായിട്ട് കിടന്നു കൊഞ്ചുന്നല്ലോ സുരേഷിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക അവനെ വലയ്ക്കാനുള്ള വല്ല പരിപാടിയുമായിട്ട് ഇറങ്ങിയതാണെങ്കിലേ ചവിട്ടി നിന്റെ എല്ലോടിക്ക് മനസ്സിലായിക്കോ സുരേഷേട്ടാ ഈ മിമിക്രി മാറ്റി വെച്ചിട്ട് സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കേ ും എടി മരമാക്രി ഞാൻ അവന്റെ കല്യാണം കലക്കാൻ ഇറങ്ങി തിരിച്ചതായിരിക്കും അല്ലേ വെണ്ണ അയ്യോ അല്ലയാ ഏത് ഉഷ നമ്മുടെ ഉഷ എടി മോളെ നീ ഇങ്ങനെ നമ്പരും പേരും ഒന്നും ചോദിക്കാതെ കാണുന്നവരോട് എല്ലാം പഞ്ചാര അടിച്ചാലേ എന്റെ മോം വഴിയാതരമാവുമല്ലോ ഒന്ന് ഹോൾഡ് ചെയ്യേ സുരേഷ് വരുന്നുണ്ട് നിന്റെ കല്യാണ പെണ്ണ് ഉഷ അവളോട് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ ഉഷയെ കല്യാണം കഴിക്കുന്നത് ഒരിക്കൽ കൂടി ആലോചിച്ചിട്ട് മതി എന്താ കാര്യം അവൾ എന്നെ ഊട്ടിയിലോ കൊടൈക്കനലിലോ ഒക്കെ പോകാൻ ക്ഷണിച്ചിരിക്കുക അവൾക്ക് വട്ടായിരിക്കും ആ പോണി തന്നേച്ചാ ഹലോ ആ സുരേഷാ എനിക്കൊരു അബദ്ധം പറ്റി വെച്ച് ഞാൻ ഊട്ടിയിൽ പോവാണ്ടി ഫോണിന്റെ മറ്റേ അറ്റത്ത് ആരാണെന്ന് അറിയാതെ കയറി ഊട്ടിക്ക് ക്ഷണിച്ചാലോ എനിക്ക് അധിക ചെലവല്ലോ എന്നെ കന്യാകുമാരിയിൽ കൊണ്ടുപോകുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു അച്ഛാ ഉഷയം കൊണ്ട് കന്യാകുമാരി പോവാന്ന് പറഞ്ഞു ഞാൻ അവളെ നിന്റെ അമ്മയെ പോലും ഞാൻ കന്യാകുമാരി കൊണ്ടുപോയിട്ടില്ല പിന്നെ അല്ലേ ഉഷേ നിനക്കും അവധം പറ്റി അച്ഛനും അവധം പറ്റി പോട്ടെ പക്ഷെ നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ സുരേഷേട്ടാ എന്റെ അച്ഛന്റെ ശബ്ദം തിരിച്ചറിയാൻ പറ്റാത്തത് പോട്ടെ നിനക്ക് കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഉഷേ അങ്ങനെ ും സിനിമയിലും കാണുന്ന പോലെ പൂഷ എന്താ ഒരു ഗ്ലാസ് പാലുമായിട്ട് ഇങ്ങനെ മന്ദം മന്ദം നടന്നു വരാത്തത് ഗ്ലാസ് വേണമെങ്കിൽ അച്ഛൻ എടുത്ത് തരും രാത്രി ആവുമ്പോ ഞാൻ കാണാതെ ക്ലാസ്സിൽ ചില്ലറ മരുന്ന് സേവയൊക്കെ ഉണ്ട് ഡോക്ടർ സാറിന് ഇന്ന് കല്യാണത്തിന്റെ ക്ഷീണമായതുകൊണ്ട് രണ്ട് പെഗ് കൂടുതൽ കഴിച്ചിട്ടുണ്ടാവും ഭാര്യ പറഞ്ഞാൽ അതേപടി അനുസരിക്കുന്ന ഭർത്താവ് ഞാൻ എന്നാലും ഇതനുസരിക്കാം നല്ല കുട്ടി ഹലോ ആ അതെ ഹലോ ആ അമ്മയോ ഏ പ്രത്യേകിച്ചൊന്നുമില്ല സുരേഷന്റെ അച്ഛൻ താഴെ ഔസ് ഗ്ലാസ് മരുന്നായിട്ടിരിപ്പാ ഏ പേഷ്യൻസിനുള്ള ഇത് വേറെ എങ്ങനെ നമ്മുടെ പി പി ഞങ്ങൾ നാളെ അങ്ങോട്ട് വരും അല്ലേ സുരേഷ് ആ ഫോൺ ഉറക്കം വരുന്നു അമ്മേ അച്ഛനെന്ത്രി ചന്ദ്രൻകുട്ടിയും ചന്ദ്രമതി കുട്ടിയും നല്ല കുട്ടികളായിരിക്കുന്നുണ്ടല്ലോ അല്ലേ നാളെ കാണാം എന്താ ഒരു കാര്യം പറഞ്ഞേക്കാം സദാ സമയവും ഈ ഫോണും പിടിച്ചോണ്ടിരുന്നാണ്ടല്ലോ ഹലോ ആരെ വേണം ആ ഞാനവിടെ ഭർത്താവ് ഹലോ ആരാ എവിടുന്നാ വിളിക്കുന്നേയ് സുരേഷ് ഏട്ടിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അത് സാരമില്ലെന്നേ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട് വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ പറയാം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി ഞാനീ കന്തു കൊടുത്ത് വല്ല ഓടയും എറിയും ഹലോ അതെ ഉഷയും ഭർത്താവും ഉറക്കാണ് ഏ ഞാനോ ഞാനവിളുടെ ഭർത്താവ ഞാൻ ഉറക്കത്തിന് സംസാരിക്കും പരാതി ഉണ്ടെങ്കിലേ മനുഷ്യ അവകാശ കമ്മീഷനിൽ കൊണ്ട് കൊടുക്ക ഏതോ ഒരു പെണ്ണ് അവൾക്ക് ഇപ്പൊ തന്നെ ഉഷയോട് സംസാരിക്കണോന്ന് ഹലോ ഏ ഉഷയോ ഉഷ ഇവിടെ ഇല്ല ഒളിച്ചോടി പോയി തനിക്ക് എന്ത് വേണം അച്ഛൻ നേരത്തെ പറയുന്നു ഉഷനാ അത് സുരേഷ് നല്ലൊരു തമാശക്കാരനാ ഏ ഞാൻ എവിടെ ഒളിച്ചോടാൻ ഇവിടെ സുഖമാ സുരേഷേട്ടന്റെ അമ്മ നേരത്തെ കാഞ്ഞു പോയത് കൊണ്ട് അമ്മായി അമ്മ പ്രശ്നമൊന്നുമില്ല പിന്നെ അച്ഛ എനിക്ക് നാളെ കാറിച്ചു തരുമോ ഞങ്ങൾ അങ്ങോട്ട് വരാം ഏ കൂർക്കം വലിയോ അല്ലേ അത് സുരേഷേട്ടൻ സന്തോഷം കൊണ്ട് ദീർഘ നിശ്വാസം ഹലോ എന്റെ പൊന്നു മോനെ ഇന്ന് രാവിലെ എണീറ്റോ ഞാൻ എന്നും ഈ സമയത്ത് എണീക്കാറുണ്ടല്ലോ പക്ഷെ ഒന്നും ഞാൻ വിചാരിച്ചില്ല ഇന്നലെ എന്തൊരു ക്ഷീണമായിരുന്നു കിടന്നത് മാത്രം ഓർമ്മയുണ്ട് എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്ര സുഖമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നിട്ട് അവള് നിന്നെ വിളിച്ചില്ലേ ഇല്ല പക്ഷേ അവളെ ഒരുപാട് പേര് വിളിച്ചു ഇന്നലെ രാത്രിയിലോ ആ ഫോണിൽ ായ സ്ഥിതിക്ക് ആദ്യ രാത്രി ആയിട്ടും ആ ഫോൺ ഊരി മാറ്റി വെക്കാത്തത് എന്താ പറഞ്ഞു തന്നില്ലല്ലോ എന്താ മോളെ തിരിച്ചു വരുമ്പോ ഒരു മരുന്ന് കൂടി കൊണ്ടുവരണം ആർക്കാസുഖം ചേട്ടൻ്റെ മരുന്ന് അതിനുള്ള മരുന്ന് ഞാൻ പറഞ്ഞുതരാം എന്താ ചെവി പൊത്തി വച്ചോണ്ട് കിടന്നുറങ്ങിയാ മതി ചെവി പൊത്തി വച്ചാലേ ഫോൺ വന്നാൽ എങ്ങനെ കേൾക്കാൻ പറ്റും എനിക്കായിരിക്കും ഹലോ അതെ അതെ ഞാനാ ഏഹ് ഒന്നുമില്ല അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാ ആ ഇവിടെ അടുത്തുണ്ട് ഏ അത് സാരയില്ല എപ്പോ വിളിക്കണമെന്ന് തോന്നിയാലും വിളിച്ചോ ആ ശരി ണോ താമസം എന്നൊരു തോന്നൽ അതെന്താ കൊറച്ചു ദിവസം കഴിയുമ്പോ എസ് അടച്ചുപൂട്ടുമോ അതല്ല ഇപ്പോഴത്തെ എസ് ടി അന്ന് ഐ എസ് ഡി ആയി മാറിക്കൊള്ളും ഇപ്പൊ ആരാ വിളിച്ചതിനെ ആൺ ഫ്രണ്ടോ പെൺഫ്രണ്ടോ ഇപ്പോ വിളിച്ചത് പെൺഫ്രണ്ട് പക്ഷേ ഇവിടെ വിളിച്ചാലുണ്ടല്ലോ അവര് ഞാനും ചെലവൊക്കെ അതായിരിക്കും ഇന്നലെ രാത്രി മുഴുവൻ നീ വിളിയോട് വിളിയായിരുന്നല്ലോ കൂർക്കം വലിച്ചുറങ്ങിയാൽ അതൊക്കെ എങ്ങനെ കേട്ടു ആ എന്നാ സ്വപ്നം കണ്ടതായിരിക്കും ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ അന്വേഷിച്ച് ഏതെങ്കിലും ഒരു പുരുഷ ശബ്ദം ഇവിടെ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛൻ വിളിച്ചാലോ അങ്ങേരം ഞാൻ പുരുഷനായ കണക്കാക്കിയിട്ടില്ലല്ലോ ഏഹ് എന്നെ നീ അങ്ങനെയാണുടാ കാണുന്നത് അച്ഛനായാലും കൊള്ളാം അമ്മ അച്ഛനായാലും കൊള്ളാം നിന്നെ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓ ഹലോ തനിക്ക് രാവിലെ വേറെ പണിയൊന്നുമില്ലേ ഇന്നലെ രാത്രി തുടങ്ങിയതാണല്ലോ തൻ്റെ ഈ മുടിഞ്ഞ വിളി ഏ ഡോക്ടറോ ആ ഉണ്ട് കൊടുക്കാം ഇതാ അച്ഛനാ ഹലോ ഡോക്ടർ ചിത്രസേനർ ഏ അത് അല്ല അല്ലല്ല പേഷ്യന്റല്ല എന്റെ മോന ഏയ് കുഴപ്പമൊന്നുമില്ല ആ അതെ ഇടയ്ക്കിടെ സ്കൂ അല്പം ആ ഇന്നലെ കല്യാണം കൂടി കഴിഞ്ഞപ്പോ ഞങ്ങളോട് ഉഷ എന്താ പറഞ്ഞത് കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പേ അതെ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം കൂടി ഞങ്ങളും വിചാരിച്ചു അതെ ഇനി സഹായിക്കാൻ വേറെ ആളുണ്ട് കേട്ടോ കൊണ്ടോ കൊണ്ടോ ഇതാണ് ഈ പെണ്ണുക്കളുടെ സ്വഭാവം പാലം കടുക്കുവോളും രാവിലെ നല്ല വിശപ്പ് കൂടെ കഴിക്കാനൊന്നും ആയില്ലേ ചായ കിട്ടില്ലോ എത്ര നേരമായിട്ടും ഹലോ ഇതൊക്കെ ആരാ ഗുഡ് മോർണിംഗ് ചേട്ടാ ഇതെന്റെ ഓഫീസിലെ മധു ഇത് രാഹുലൻ ും ഇപ്പുറത്തും ഇരിക്കുന്നവർ ഉഷ ചെകുത്തും കടലിനും ഇടയിൽ അല്ലേ കാര്യം ഓർമ്മ വന്നത് ഇന്നലെ രാത്രി ഉഷയെ ഫോൺ ചെയ്തിരുന്നത് കൊറച്ചെങ്കിലും മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെണ്ണിനെ പാതിരാത്രിക്ക് അതും കല്യാണം കഴിഞ്ഞ ദിവസം പാതിരാത്രിക്ക് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കോ അതിനെന്താഴ്ച കൊഴപ്പും പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട് എന്നും ഇവളെ വിളിക്കാറുണ്ടോ എന്നെ വിളിക്കും ഓഫീസിൽ വെച്ച് ഇവിടെ കാണാറുണ്ടല്ലോ തൊട്ടടുത്തല്ലേ ഇരിക്കുന്നത് അതും പോരാഞ്ഞ് രാത്രി ഫോൺ ചെയ്യുന്നതിന്റെ ഉദ്ദേശം രാത്രി മാത്രമല്ല ചെലപ്പോ രാവിലെയും ഞാൻ ഫോൺ ചെയ്യാറുണ്ട് എന്തിനാ ഉഷേ ജോലി ബാങ്കിലോ അതോ സിബിഐയിലോ ആണി തരാം തന്റെ ശബ്ദം പറഞ്ഞതാ രാവിലെ പോരണ്ടാ പോരണ്ടാന്ന് സുരേഷ് ഇത്രയും ചൂടാകാൻ എന്താ കാരണം പിറ്റേ ദിവസം അല്ല വേണ്ട ഇരിക്കേ ഇന്നലത്തെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് പോയാൽ മതി അച്ഛൻ സാധാരണ ഡോക്ടറാണോ അതോ മൃഗ ഡോക്ടറോ അറിഞ്ഞിട്ട് തനിക്ക് എന്ത് വേണം അല്ല മൃഗ ഡോക്ടറാണെങ്കിൽ ഇയാളെ ഒന്ന് പരിശോധിക്കാം പറ ും പഴയ തന്നെ അവള് ചോദിച്ചു അങ്ങനെ വെറുതെ ആരും ചോദിക്കാറില്ല അർത്ഥം വെച്ച് തന്നെയാ ചോദിച്ചത് മോളെ നീ ഇവനോട് രാവിലെ വഴക്കിട്ടോടി ഞാൻ വഴക്കിനൊന്നും പോയില്ല രാവിലെ ഓഫീസിൽ നിന്ന് എന്റെ രണ്ട് കൂട്ടുകാർ വന്നിരുന്നു എനിക്കെന്താ അച്ഛാ അവരെ ചീത്ത വിളിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇറക്കിയൊന്നും ഞാനിനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും സാരമില്ല മോളെ സുരേഷ് അവരെ വഴക്ക് പറഞ്ഞെങ്കിൽ അതിന് തക്കതായ കാരണവും കാണും ഉണ്ട് ഇന്നലെ ഒരുത്തോൺ ചെയ്തിരിക്കുന്നു കൂട്ടുകാരുണ്ട് അവരൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊക്കെ തുടക്കത്തിലുള്ള ചില്ലറ സ്റ്റാർട്ടിങ് ട്രബിൾസാ കൊറച്ച് അഡ്ജസ്റ്റ് എല്ലാം ശരിയായി കൊള്ളും വീണ്ടും തുടങ്ങിയല്ലോ ആ ഞാനെടുക്ക ഹലോ ആരാ രാമൻകുട്ടിയോ അതാരാ എനിക്ക് അറിഞ്ഞുകൂടാത്ത രാമകുട്ടിയോ എനിക്ക് അറിഞ്ഞുകൂടാത്ത രാമൻകുട്ടി എന്റെ ഭാര്യയെ വിളിക്കണ്ട പച്ച പോടാ വീട്ടുവന്ന് കേറിയതേ ഉള്ളൂ അതിനുമ്പ് തുടങ്ങി ഫോണിലൂടെ കൊല വിളി ആരാടി രാമൻകുട്ടി എനിക്കറിയില്ല വേല മനസ്സിരിക്കട്ടെ ആരായി രാമൻകുട്ടി അവന്റെ ഒടുക്കത്തെ വിളി ഹലോ എടോ വേറെ ദോഷി അച്ഛനോ അല്ല അല്ല അച്ഛനെ വിളിച്ചല്ല ആ ഇങ്ങെത്തിയിട്ട് കുറച്ചേരായി ആ വൈകിട്ടെത്തും അച്ഛനും ഫോണിലൂടെ എന്റെ അച്ഛനാ വിളിച്ചത് ഹലോ ചേച്ചിടെ അത് കാരണം ഈ വീട്ടിൽ ഇപ്പൊ എന്ത് സമാധാനാണെന്നോക്ഷം ആ കൊറേ കാലം ഇവിടെ ഭരിച്ചില്ലേ തുടങ്ങരുത് ഞാൻ ഇവിടെ കടിച്ചു പിടിച്ചിരിക്കും അഗ്നിപർവ്വതം പൊട്ടുന്ന പറയാൻ പോകൂ പോകാൻ ഇനി എന്റെ ഭാഷ മാറും അതിന് പോകുന്ന ആ ഞാൻ പോന്നു ആ സുരേഷേ ഞാനൊരു ഉപദേശം തരാം ഭാര്യ ആദ്യമേ നിലക്ക് നിർത്തിക്കൊള്ളണം നിന്നെ പോലെ അല്ലേ അടുത്ത് കളയുന്നുണ്ടോ ആ കുന്തം അതെ അതെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഫോണിലൂടെ നീ പറഞ്ഞതോ ഒരു ടൈപ്പ് ആണെന്ന് ഏർ വ്യാകരണ ക്ലാസ് ഒന്നും എടുക്കണ്ട നീ ആരോടാണോ നീ പറയുന്നത് എന്നെ ആരും വിളിച്ചതും അപ്പൊ പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും ഞാൻ ഓഫീസിലിരിക്കുമ്പോഴും ഇത് തന്നെയാ പ്രശ്നം ായിട്ട് എനിക്ക് തോന്നിക്കൊണ്ടേ അത് പറഞ്ഞപ്പോഴ ഇന്ന് ചലച്ചിത്രം നടൻ പ്രദീപിന്റെ ഒറ്റ സിനിമ ഞാൻ ഒന്ന് ഫോൺ ചെയ്തോട്ടെ ഹലോ ഹലോ ഇഷ്ടഗാനം ം നടൻ പ്രാണ് അതെന്താ ശബ്ദം ആ അതൊന്ന് റിപ്പയർ ചെയ്ത ആരാ വിളിക്കുന്നത് ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഉഷ ഓ നമ്മുടെ സ്ഥിരം വിളിക്കാരി ഉഷ്ട്രേ പ്രദീപ് സാറിന്റെ പുതിയ പ്രാവശ്യം ശബ്ദം ശല്യം ആ ശബ്ദം കുറയുന്നില്ലെങ്കിലേ പിന്നെ ഓഫ് ആക്കി കൂടെ ഉഷേ ശ്രമിക്കാഞ്ഞിട്ടല്ല ഉഷയ്ക്കുന്ന ഏത് പാട്ടാ വേണ്ടത് ഓ മനസിലായി മനസ്സിലായി അരപ്പിരിക്കും മുഴുപിരിക്കും അതല്ലേ ആ ഇനി ഇന്നത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇതിന് മറുപടി പറഞ്ഞാൽ നിനക്ക് എന്റെ കൈ കിട്ടുമെന്ന് സമ്മാനം ഇതാ ചോദ്യം കേട്ടോളൂ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണിയുടെ ഇൻഷുലൻസ് ആണ് മൂന്ന് ഓപ്ഷൻ തരാം എയ്യോ ഇതിനും ക്ലൂ വേണോ ഓക്കെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യ അക്ഷരം ഉണ്ടത് മനസ്സിലാകാൻ വഴിയില്ല നമ്മൾ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ താങ്കളുടെ ഒരു ആരാധകനാണ് ശരി എന്റെ എല്ലാ സിനിമകളും കാണാറുണ്ടോ എല്ലാം കണ്ടിട്ടില്ല പിന്നെ ചിലതൊക്കെ കണ്ടിട്ടുണ്ട് ഓഹോ അടുത്ത കാലത്തിറങ്ങിയ സിനിമയില്ലേ ടെലിഫോണിനുള്ളിലെ കൂട്ടുകാരി അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് അല്ലേ പിന്നെ സ്ഥിരമായി ചെയ്യുന്ന വേറൊരു പരിപാടിയില്ലേ ഹലോ ഇഷ്ടഗാനം അത് ഗംഭീരാവുന്നുണ്ട് കേട്ടോ പിന്നെ എന്റെ ഭാര്യ പ്രദീപിന്റെ ആരാധകാണ് അയ്യോ സന്തോഷം എന്റെ പേര് സുരേഷ് അല്ല ഭാര്യയുടെ പേര് ഓ എന്റെ പേര് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അയ്യോ അറിഞ്ഞല്ലോ സുരേഷ് എന്നല്ലേ പറഞ്ഞത് അതെ ഭാര്യയുടെ പേര് ഉഷ ആ ഹലോ ഇഷ്ടഗാനത്തിലേക്ക് എപ്പോഴും വിളിക്കാറുണ്ട് ഓ തിരുവനന്തപുരത്ത് ഉഷാ തിരുവനന്തപുരത്തെ ഉഷ നല്ല ഓർമ്മയുണ്ടല്ലേ പിന്നെ നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ കാത്തിരിക്കുന്നു ഉഷ നാഥം വന്നു ആ നാഥനാണ് ഈ ഇരിക്കുന്നത് നല്ല കാര്യം ഇനിയിപ്പോ വിളിക്കുമ്പോഴെല്ലാം അരി ുംരികിൽ എന്ന് പറയാറുണ്ടോ ഇല്ല പിന്നെ താനെന്തിനാ എന്നും രാത്രി അവളെ ഫോൺ ചെയ്യുന്നത് ഞാനോ അതെ താൻ തന്നെ എല്ലാ ദിവസവും രാത്രി കൃത്യം പത്തുമണി ആകുമ്പോൾ ഉഷയ്ക്ക് ഫോൺ വരും അവൾ കൃത്യം പതിനഞ്ച് മിനിറ്റ് സംസാരിക്കും തനിക്ക് എന്താ ദിവസവും അവളുമായി പതിനഞ്ചു മിനിറ്റ് സംസാരിക്കാൻ സുഖമില്ലേ ഞാൻ തിരക്കുള്ളൊരു നടനാണ് അത് മനസ്സിലാക്കണം ദിവസവും എന്റെ വീട്ടുകാരെ വിളിക്കാൻ പോലും സമയം കിട്ടാറില്ല പിന്നെ തന്റെ ഭാര്യയെ വിളിക്കാൻ നിങ്ങൾ തമ്മിൽ എന്താ സംസാരിക്കുന്നത് എടോ ഞാൻ തന്റെ ഭാര്യയെ വിളിക്കാറില്ല ഇല്ല താൻ വിളിക്കുന്നുണ്ട് എന്നും രാത്രി പത്ത് മണിക്ക് എന്നും രാത്രി പത്ത് മണിക്ക് എനിക്ക് വേറെ ജോലിയുണ്ട് മനുഷ്യ ഞാൻ തന്നെ വെറുതെ വിടില്ല അയ്യോ വീട്ടിൽ ഫോൺ ചെയ്താണുണ്ടല്ലോ അയ്യോ എന്റെ പൊന്നു സുഹൃത്തേ എനിക്ക് തൻറെ വീട്ടിലെ നമ്പർ പോലും അറിയില്ലല്ലോ മറന്നുപോയോ ഒരിക്കൽ കൂടി പറഞ്ഞു തരണോ എന്റെ ഭാര്യ ദിവസവും വിളിച്ച് പോരാ ചൂടാവുന്നോ പിന്നെ അല്ലാതെ ഓടി വരണേന്നാ വിളിച്ചത് തലക്ക് സുഖമില്ലാത്തവരോ മലയാളത്തിൽ അങ്ങനെയാ വിളിക്കുന്നത് സത്യം പറ എനിക്ക് ഭ്രാന്തണ്ട് എനിക്കൊരുവസ്റ്റ് ഉണ്ട് ഏത് എന്നെ പാട്ടിന് വിട്ടേക്കണം എന്റെ ഭാര്യ ഇനി വിളിക്കരുത് എന്റെ സ്നേഹിത സ്നേഹിതനല്ല ഞാൻ തന്റെ ഭാര്യയെ ഇതുവരെ വിളിച്ചിട്ടേ ഇല്ല ഇനി വിളിക്കുകയില്ല പോരെ മതി സമാധാനായോ ഇല്ല അപ്പൊ പിന്നെ എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്ക് അവളെ വിളിക്കുന്ന ആരാടാ എനിക്ക് പേടിയാവുന്നു ഇന്നലെ ആ സിനിമാക്കാരനെ തല്ലാൻ പോയിനി തൽക്കാലം പേടിക്കണ്ട ഉറങ്ങാനുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് എവിടെ ഉറങ്ങാൻ അവിടെ ഇരുന്ന് പിച്ചി പേയും പറഞ്ഞോണ്ടിരിക്കില്ല ശരിയാവും നിന്നെ എല്ലാ ദിവസവും കൃത്യമായി രാത്രി പത്ത് മണിക്ക് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ അച്ഛനും തോന്നുന്നതല്ലേ അല്ല അവന്റെ അമ്മക്ക് ഇതുപോലെ ചിലരെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ചെയ്താലും അവൾക്ക് സംശയമായിരുന്നു അത് ശരി ഹലോ ഉഷ ഇതാരാ ഫോൺ എന്താ ലവകുശന്മാർ രാവിലെ അല്ല സുരേഷിന് നല്ല സുഖമില്ലെന്നറിഞ്ഞു ആ എങ്ങനെ അറിഞ്ഞു സിനിമ നടന തല്ലാൻ പോയാൽ പിന്നെ അറിയാതിരിക്കൂട്ടു ഞാൻ പോകുന്നു മറ്റവും വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോയോ ഉഷേ അവൻ വീണ്ടും ഇതാരാ ഇത് ഞാൻ മധു താൻ ഇവിടെ ഉണ്ടായിരുന്നോ ഇപ്പൊ വന്നതേ ഉള്ളു പിന്നെ താൻ എങ്ങനെയാ ഫോണിലൂടെ ഉഷ ഇപ്പൊ വിളിച്ചത് ഏഹ് ഞാനോ അതെ ഇന്നലെ രാത്രി താൻ വിളിച്ചില്ലേ രാഹുലാ സംഗതി താൻ വിളിച്ചപ്പോ ഞാനാ ഫോൺ എടുത്തത് അയ്യോ ഞാൻ വിളിച്ചില്ലല്ലോ താൻ എന്തൊക്കെയാ അവളോട് പറഞ്ഞത് ഏഹ് ഇന്നലെ രാത്രി മധു എന്റെ കൂടെ ഉണ്ടായിരുന്നു അയാൾ ആരെയും വിളിച്ചില്ല ആ എന്നാ താനായിരിക്കും വിളിച്ചത് തന്നെ ഞാൻ പിടിവിട വിടാ ഇല്ല വിടാനാ പറഞ്ഞത് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഇവിടാ പക്ഷേ ഇനി ഇവിടെ ഫോൺ ചെയ്താലുണ്ടല്ലോ ഡിസ്കണക്ട് ചെയ്തെങ്കിൽ പിന്നെ എങ്ങനെയാ മുകളിൽ ബെല്ല് കേൾക്കുന്നത് സുരേഷ് നിന്റെ തലയിലാ ബെല്ലടിക്കുന്നത് ഇനി ഒരു വഴിയേ ഉള്ളൂ മധുവും രാഹുലിനും കൂടെ പോയി ഒരു ടാക്സി വിളിക്കും ആ എനിക്ക് നേരത്തെ തോന്നിയതാ നിനക്കെന്തോ പ്രശ്നം ഉണ്ടെന്ന് മോനെ പിന്നെന്താ നമുക്ക് എല്ലാം കൂടി ആശുപത്രി പോവാം ഘോഷയാത്ര ആയിട്ട് ഉഷേറങ്ങ പിന്നെ എന്താ ചേട്ടാ ആ ഫോണും കൂടി എടുത്തോ എന്നാലും ഡോക്ടറെ വന്നല്ലോ അപ്പൊ എന്ത്ണ്ടല്ലോ അച്ഛാ ഒന്നും തീ തിങ്ങുന്നതിന്റെ ഇടയിലെ മോളെ നീ എങ്കിലും ഒന്ന് നോർമലായിരിക്കും എല്ലാം ശരിയാവും ആയില്ലെങ്കിൽ ആവും ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേക്ക് റോങ് നമ്പർ ആയി പോയി അത് റൈറ്റ് നമ്പർ ആക്കാനാണ് ഡോക്ടർമാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ശരിയാവും ഡോക്ടറെ ഇത്രയായിട്ട് മനസ്സിലായില്ലേ ആരൊക്കെയോ രഹസ്യമായി ഉഷയെ വിളിക്കുന്നെന്നും അതുപോലെ അവൾ ഏതോ കാമുക അവന്റെ തലയിൽ കയറി പോയി തെറ്റുണ്ടാ എപ്പോഴും ഫോൺ ഉപയോഗിക്കാൻ പോയതാ പ്രശ്നം ആ ഇനിയെങ്കിലും എൻറെ മോളെ ഈ റേഡിയോയിലും ടി വിയിലും ഉള്ള പരിപാടികളിലൊന്നും കയറി വിളിക്കല്ലേ അത് പാട്ട് കേൾക്കാനും സമ്മാനം കിട്ടാനും വേണ്ടി സമ്മാനം കിട്ടിയല്ലേ നന്നായിട്ട് ൊട്ടു പോകരുത് മനസ്സിലായോ ആരെങ്കിലും ഇത് ഞാനാ ചേട്ടന്റെ ഉഷാ മോനെ നിനക്ക് ഒരു പ്രശ്നവുമില്ല സുരേഷേ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് സുഖമായി കഴിയാം അല്ല നമുക്കെന്ന് വെച്ചാൽ എന്താ ഒന്നും ചേട്ടന്റെ അച്ഛൻ ഉറക്കത്തിൽ നിന്റെ കണ്ടു പേടിച്ചു എന്താ ഒന്നും അവൻ എന്താ ആംഗ്യം കാണിക്കുന്നത് ഫോൺ വേണമെന്ന് ഇനി ഒരു മാർഗമേ ഉള്ളു അവനെ നീ ഫോണിൽ സംസാരിക്കുന്നത് പോലെ അവനോട് സംസാരിച്ചു നോക്ക് വേണം അതേ വഴി ഫോണിൽ സംസാരിക്കുന്നത് ഫോണുണ്ട് നിങ്ങൾ വിളിച്ച നമ്പർ നിലവിലില്ല സാരമില്ല സംസാരിക്കാം ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ബിസിയാണ് അല്പം കഴിഞ്ഞു ശ്രമിക്കുക താങ്കൾ ക്യൂവിലാണ് ദയവായി കാത്തിരിക്കുക സതീഷ് ചന്ദ്രൻ എഴുതിയ നാടകം സമാപിക്കുന്നു കഥാപാത്രങ്ങളും പങ്കെടുത്തുവരും പി നായർ എസ് ജഗന്നാഥൻ ഡോക്ടർ ചിത്രസേനൻ പി സോമൻ ചന്ദ്രൻകുട്ടി മുടവൻമുകൾ കൃഷ്ണൻകുട്ടി ജി ആർ നന്ദകുമാർ പ്രദീപ് ജി ശ്രീറാം മധു പി തങ്കച്ചൻ രാഹുലൻ പല്ലനക്കമലൻ സുലോചന കാലടി ഓമന ഉഷ എസ് ശ്രീകല ചന്ദ്രമതി ഷൈല സലീം സംവിധാനം മേരിക്കുട്ടി ചാക്കോ എസ് സുരേഷ് കുമാർ